അദ്ധ്യായം അൻപത്തിയെട്ട് അൽ മുജാദില മദീനയിൽ അവതരിച്ചത് ലുഹാർ എന്ന ദുരാചാരത്തിന് ഇരയായിട്ട് അതിൻ്റെ സാധുതയെപ്പറ്റി തർക്കമുന്നയിച്ചുകൊണ്ട് നെബിയെ സമീപിച്ച ഒരു സഹാബി വനിതയെ സംബന്ധിച്ചുള്ള പരാമർശത്തോടെ തുടങ്ങുന്നതിനാലാണ് ഈ അധ്യായത്തിന് മുജാദില അഥവാ തർക്കിക്കുന്നവൾ എന്ന പേർ നൽകപ്പെട്ടത് െ തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ നിന്നോട് തർക്കിക്കുകയും അള്ളാഹുവിംഗലേക്ക് സങ്കടം ബോധിപ്പിക്കുകയും ചെയ്യുന്നവളുടെ വാക്ക് അള്ളാഹു കേട്ടിട്ടുണ്ട് അള്ളാഹു നിങ്ങൾ രണ്ടുപേരുടെയും സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽ തങ്ങളുടെ ഭാര്യമാരെ മാതാക്കൾക്ക് തുല്യമായി പ്രഖ്യാപിക്കുന്നവർ അബദ്ധമാകുന്നു ചെയ്യുന്നത് ആ ഭാര്യമാർ അവരുടെ മാതാക്കളല്ല അവരുടെ മാതാക്കൾ അവരെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ മറ്റാരുമല്ല തീർച്ചയായും അവർ നിഷിദ്ധമായ വാക്കും അസത്യവുമാണ് പറയുന്നത് തീർച്ചയായും തങ്ങളുടെ ഭാര്യമാരെ മാതാക്കൾക്ക് തുല്യമായി പ്രഖ്യാപിക്കുകയും പിന്നീട് തങ്ങൾ പറഞ്ഞതിൽ നിന്ന് മടങ്ങുകയും ചെയ്യുന്നവർ അവർ പരസ്പരം സ്പർശിക്കുന്നതിനു മുമ്പായി ഒരു അടിമയെ മോചിപ്പിക്കേണ്ടതാണ് അത് നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഉപദേശമാണ് അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു فَصِيَامُ شَهْرَيْنِ مُتَتَابِعَيْنِ قَبْلِ يَسْتَطِعْ فَإِطْعَامُ ذَٰلِكَ لِتُؤْمِنُوا بِاللَّهِ وَرَسُولِهِ وَتِلْكَ حُدُودُ اللَّهِ അതീം ഇനി വല്ലവണ്ും അടിമയെ ലഭിക്കാത്ത പക്ഷം അവർ പരസ്പരം സ്പർശിക്കുന്നതിനു മുമ്പായി തുടർച്ചയായി രണ്ടു മാസക്കാലം നോമ്പനുഷ്ഠിക്കേണ്ടതാണ് വല്ലവന്നും അത് സാധ്യമാകാത്ത പക്ഷം അഗതികൾക്ക് ആഹാരം നൽകേണ്ടതാണ് അത് അല്ലാഹുവിലും അവന്റെ ദൂതനിലും നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയത്രേ അവ അല്ലാഹുവിൻ്റെ പരിധികളാകുന്നു സത്യനിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് തീർച്ചയായും അള്ളാഹുവേയും അവന്റെ ദൂതനെയും എതിർത്തുകൊണ്ടിരിക്കുന്നവർ അവരുടെ മുമ്പുള്ളവർ വഷളാക്കപ്പെട്ടതുപോലെ വഷളാക്കപ്പെടുന്നതാണ് സുവ്യക്തമായ പല തെളിവുകളും നാം അവതരിപ്പിച്ചിട്ടുണ്ട് സത്യനിഷേധികൾക്ക് അപമാനകരമായ ശിക്ഷയുമുണ്ട് അല്ലാഹു അവരെയെല്ലാം ഉയർത്തെഴിക്കുകയും എന്നിട്ട് അവർ പ്രവർത്തിച്ചതിനെപ്പറ്റി അവരെ വിവരമറിയിക്കുകയും ചെയ്യുന്ന ദിവസം അള്ളാഹു അത് തിട്ടപ്പെടുത്തുകയും അവരത് മറന്നു പോകുകയും ചെയ്തു അള്ളാഹു ഏത് കാര്യത്തിനും സാക്ഷിയാകുന്നു ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹു അറിയുന്നുണ്ടെന്ന് നീ കാണുന്നില്ലേ മൂന്നുപേർ തമ്മിലുള്ള യാതൊരു രഹസ്യ സംഭാഷണവും അള്ളാഹു അവർക്കു നാലാമനായിക്കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ല അഞ്ചുപേരുടെ സംഭാഷണമാണെങ്കിൽ അവൻ ആറാമനായിക്കൊണ്ടുമല്ലാതെ അതിനേക്കാൾ കുറഞ്ഞവരുടെയോ കൂടിയവരുടെയോ സംഭാഷണം ആണെങ്കിൽ അവർ എവിടെയായിരുന്നാലും അവൻ അവരോടൊപ്പമുണ്ടായിട്ടല്ലാതെ പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിന്റെ തിനെ പറ്റി അവരെ അവൻ വിവരമറിയിക്കുന്നതാണ് തീർച്ചയായും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 രഹസ്യ സംഭാഷണം നടത്തുന്നതിൽ നിന്ന് വിലക്കപ്പെട്ടിട്ടുള്ളവരെ നീ കണ്ടില്ലേ അവർ ഏതൊന്നിൽ നിന്ന് വിലക്കപ്പെട്ടുവോ അതിലേക്കവർ പിന്നീട് മടങ്ങുന്നു പാപത്തിനും അതിക്രമത്തിനും റസൂലിനെ ധിക്കരിക്കുന്നതിനും അവർ പരസ്പരം രഹസ്യ ഉപദേശം നടത്തുകയും ചെയ്യുന്നു അവർ നിന്റെ അടുത്തു വന്നാൽ നിന്നെ അള്ളാഹു അഭിവാദ്യം ചെയ്തിട്ടില്ലാത്ത രീതിയിൽ അവർ നിനക്ക് അഭിവാദ്യമർപ്പിക്കുകയും ചെയ്യും ഞങ്ങൾ ഈ പറയുന്നതിന്റെ പേരിൽ അള്ളാഹു ഞങ്ങളെ ശിക്ഷിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അവർ അന്യോന്യം പറയുകയും ചെയ്യും അവർക്കു നരകം മതി അവർ എരിയുന്നതാണ് ആ പര്യവസാനം എത്ര ചീത്ത يا ايها الذين امنوا اذا تناجيتم فلا تتناجوا بالاسم والعدوان ومعصيه الرسول وتناجوا بالبر والتقوى واتقوا الله الذي اليه تحشرون سత్యവിശ്വാസികളെ നിങ്ങൾ രഹസ്യസംഭാഷണം നടത്തുqueryാണെങ്കിൽ അധർമതിനും ଅदिक୍ରମതിനും റസൂലിനെ ദിക്രിക്കുന്നതിനും നിങ്ങൾ രഹസ്യസംഭാഷണം നടത്തേറുದು പുണ്യത്തിൻ്റെയും ഭയഭക്തിയുടെയും കാര്യത്തിൽ നിങ്ങൾ രഹസ്യ ഉപദേശം നടത്തുക ഏതൊരു അള്ളാഹുവിങ്കലേക്ക് നിങ്ങൾ ഒരുമിച്ചു കൂട്ടപ്പെടുമോ അവന് നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക ആ രഹസ്യ സംസാരം പിശാചിൽ നിന്നുള്ളത് മാത്രമാകുന്നു സത്യവിശ്വാസികളെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയാകുന്നു അത് എന്നാൽ അള്ളാഹുവിന്റെ അനുമതി കൂടാതെ അതവർക്ക് യാതൊരു ഉപദ്രവവും ചെയ്യുന്നതല്ല സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിച്ചുകൊള്ളദീനോ ഫിം കബീർ സത്യവിശ്വാസികളെ നിങ്ങൾ സദസ്സുകളിൽ സൗകര്യപ്പെടുത്തിക്കൊടുക്കുക എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ സൗകര്യപ്പെടുത്തിക്കൊടുക്കണം എങ്കിൽ അള്ളാഹു നിങ്ങൾക്കും സൗകര്യപ്പെടുത്തി തരുന്നതാണ് നിങ്ങൾ എഴുന്നേറ്റു പോകണമെന്ന് പറയപ്പെട്ടാൽ നിങ്ങൾ എഴുന്നേറ്റു പോകണം നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും വിജ്ഞാനം നൽകപ്പെട്ടവരെയും അള്ളാഹു പല പടികൾ ഉയർത്തുന്നതാണ് അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്ന സത്യവിശ്വാസികളെ നിങ്ങൾ റസൂലുമായി രഹസ്യ സംഭാഷണം നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ രഹസ്യ സംഭാഷണത്തിന്റെ മുമ്പായി ഏതെങ്കിലും ഒരു ദാനം നിങ്ങൾ അർപ്പിക്കുക അതാണ് നിങ്ങൾക്ക് ഉത്തമവും കൂടുതൽ പരിശുദ്ധവുമായിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ദാനം ചെയ്യാൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു നിങ്ങളുടെ രഹസ്യ സംഭാഷണത്തിനു മുമ്പായി നിങ്ങൾ ദാനധർമ്മങ്ങൾ അർപ്പിക്കുന്നതിനെ പറ്റി നിങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണോ എന്നാൽ നിങ്ങളത് ചെയ്യാതിരിക്കുകയും അള്ളാഹു നിങ്ങളുടെ നേരെ മടങ്ങുകയും ചെയ്തിരിക്കയാൽ നിങ്ങൾ നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും ജക്കാത്ത് നൽകുകയും അള്ളാഹുവേയും അവൻ്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അള്ളാഹു കോപിച്ച വിഭാഗമായ യഹൂദരുമായി മൈത്രിയിൽ ഏർപ്പെട്ട മുനാഫിക്കുകളെ നീ കണ്ടില്ലേ അവർ നിങ്ങളിൽപ്പെട്ടവരല്ല യഹൂദരിൽപ്പെട്ടവരുമല്ല അവർ അറിഞ്ഞുകൊണ്ട് കള്ളസത്യം ചെയ്യുന്നു أعد الله لهم عذاباً شديداً إنهم ساء ما كانوا يعملون الله أورك كتنا مايا سرچا ورکي وچري كنن تيرچا يأيهم أورك يدو بندري كنن كاريم يتريو دشيك دائري كنن اتخذوا أيمانهم جنتاً فصدوا عن سبيل الله فلهم عذاب مهين അവരുടെ ശപഥങ്ങളെ അവർ ഒരു പരിചയാക്കി തീർത്തിരിക്കുന്നു അങ്ങനെ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞു അതിനാൽ അവർക്ക് അപമാനകരമായ ശിക്ഷയുണ്ട് അവരുടെ സമ്പത്തുകളോ സന്താനങ്ങളോ അള്ളാഹുവെങ്കിൽ അവർക്ക് ഒട്ടും പ്രയോജനപ്പെടുകയില്ല അത്തരക്കാരാകുന്നു നരകാവകാശികൾ അവർ അതിൽ നിത്യവാസികളായിരിക്കും അള്ളാഹു അവരെയെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം നിങ്ങളോടവർ ശപഥം ചെയ്യുന്നതുപോലെ അവനോടും അവർ ശപഥം ചെയ്യും തങ്ങൾ ഈ കള്ളസത്യം മൂലം എന്തോ ഒന്ന് നേടിയതായി അവർ വിചാരിക്കുകയും ചെയ്യും അറിയുക തീർച്ചയായും അവർ തന്നെയാകുന്നു കള്ളം പറയുന്നവർ അവരെ കീഴടക്കി വെക്കുകയും അങ്ങനെ അള്ളാഹുവെപ്പറ്റിയുള്ള ഉത്ബോധനം അവർക്ക് വിസ്മരിപ്പിച്ചു കളയുകയും ചെയ്തിരിക്കുന്നു അക്കൂട്ടരാകുന്നു പിശാചിന്റെ കക്ഷി തീർച്ചയായും പിശാജിന്റെ കക്ഷി തന്നെയാകുന്നു നഷ്ടക്കാരീർച്ചയായും അള്ളാഹുവോടും അവന്റെ റസൂലിനോടും എതിർത്തു നിൽക്കുന്നവരാരോ അക്കൂട്ടർ ഏറ്റവും നിന്ദന്മാരായവരുടെ കൂട്ടത്തിലാകുന്നു كتب الله لا اغلبن انا ورسلي ان الله قوي عزيز تیرчаяయం ഞാനും എൻ്റെ ദൂതന്മാരും തന്നെയാണു విజయం നേടുക എന്ന് അള്ളാഹു രേഖപ്പെടുത്തിരിക്കുന്നു تیرчаяయం അള്ളാഹു ശക്തനും പ്രതാപിയുമാകുന്നു لا تجد قوما يؤمنون بالله واليوم الاخر يدون من هدى الله ورسوله يدون من هدى الله ورسوله ولو كانوا اباءهم او ابناءهم او اخوانهم او اخوانهم او عشيرتهم اولئك كتب في قلوبهم الايمان واندهم بروح منهم ويدخلهم جنات تجري من تحتها الانهار خالدين فيها رضي الله عنهم ورضوا عنه اولئك حزب الله الا ان حزب الله هم المفلحون അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത അള്ളാഹുവോടും അവൻ്റെ റസൂലിനോടും എതിർത്തു നിൽക്കുന്നവരുമായി സ്നേഹബന്ധം പുലർത്തുന്നത് നീ കണ്ടെത്തുകയില്ല ആ എതിർപ്പുകാർ അവരുടെ പിതാക്കളോ പുത്രന്മാരോ സഹോദരന്മാരോ ബന്ധുക്കളോ ആയിരുന്നാൽ പോലും അത്തരക്കാരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു വിശ്വാസം രേഖപ്പെടുത്തുകയും അവൻ്റെ പക്കൽ നിന്നുള്ള ഒരു ആത്മചൈതന്യം കൊണ്ട് അവൻ അവർക്ക് പിൻബലം നൽകുകയും ചെയ്തിരിക്കുന്നു താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവൻ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും അവരതിൽ നിത്യവാസികളായിരിക്കും അള്ളാഹു അവരെപ്പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു അവർ അവനെപ്പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു അത്തരക്കാരാകുന്നു അള്ളാഹുവിൻ്റെ കക്ഷി അറിയുക തീർച്ചയായും അള്ളാഹുവിൻ്റെ കക്ഷിയാകുന്നു വിജയം പ്രാപിക്കുന്നവർ